അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുക്മിലു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ഷുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ല വമൻ യുള്ലി ഫലാ ഹാദിയ ല വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅശ്ഹദു അന്ന മുഹമ്മദൻ അബദഹു വറസൂലു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ഇബുറാഹീമാലാ ആരി ഇബുറാഹീം ിദാത്തിനഃത്ത ബിസ്മുഹമാനിഹീയ്യൂഹലീന ആമനുത്ത കുഹ കത്തി വലതുമുത്ത ഇല്ലുസ്ലിമൂൻ കുല്ലൂ നുൽമൗ വനബലൂക്കുംവിശ്യവൽഹൈരിഫിത്ന വ ഇലൈനുർജൻ സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരീ സഹോദരന്മാരെ നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും അനുഗ്രഹങ്ങളെക്കൊണ്ടും പ്രയാസങ്ങളെക്കൊണ്ടുമെല്ലാം നമ്മളെ നിരന്തരം പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയും നാളെ പരലോകത്ത് നമ്മളെ വിചാരണ ചെയ്യുകയും സ്വർഗനിരയങ്ങളിലേക്ക് വേർതിരിക്കുകയും ചെയ്യുന്നതിന്റെ ഉടമസ്ഥനായ സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ നമുക്ക് പ്രതികൂലമായ ഒരു കാര്യവും യഥാർത്ഥത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല നമ്മുടെ ജീവിതത്തിന്റെ പ്രതീക്ഷകളിൽ മുഴുവനും നമുക്ക് അനുകൂലമായ കാര്യങ്ങൾ മാത്രമേയുള്ളൂ പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പുണ്ട് പ്രതികൂലമായ എന്തെല്ലാമോ അടുത്ത ഭാവിയിൽ വരാനുണ്ട് എന്ന് നമുക്കറിയാം രോഗങ്ങൾ കാത്തിരിക്കുന്നു മരണം നമ്മെ കാത്തിരിക്കുന്നു നമ്മുടെ കുടുംബങ്ങളിലും കുട്ടികളിലും ആരോഗ്യത്തിലും പരീക്ഷണങ്ങൾ കാത്തിരിക്കുന്നു പക്ഷെ അതൊന്നും നാം പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്കറിയുമെങ്കിലും അങ്ങനെ ചിലതെല്ലാം ഞാൻ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന ഒരു പ്രതീക്ഷയോ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രതികൂലമായതൊന്നും സംഭവിക്കില്ലെന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സ് പറയുന്നത് എനിക്കനുകൂലമായതേ ഉണ്ടാവൂ എന്ന് മനസ്സ് നമ്മളോട് പറയുന്നു യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത് എന്ന് ഈ കഴിഞ്ഞകാല ജീവിതം നമ്മളോട് പറഞ്ഞതാണ് ഒരു മരണത്തെ നാം പ്രതീക്ഷിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ഒരു ബന്ധു മരിച്ചാൽ നമുക്ക് വിശ്വാസം വരാത്തത് വീണ്ടും വീണ്ടും ചോദിക്കുന്നതും മരിച്ച ശരീരവുമായി വീണ്ടും ആശുപത്രികളിലേക്ക് ഓടുന്നതുമെല്ലാം നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തത് നാം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സഹോദരങ്ങളെ ചില പരീക്ഷണങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടുതന്നെ ജീവിതത്തിന്റെ അടുത്ത ഭാവിയിൽ പ്രതീക്ഷിച്ചില്ലെങ്കിലും കാത്തിരുന്നില്ലെങ്കിലും സംഭവിക്കുമെന്ന് ഉറപ്പുള്ള ചില പരീക്ഷണങ്ങൾക്ക് നാം മാനസികമായും ശാരീരികമായും തയ്യാറാവുകയേ നിവർത്തിയുള്ളൂ കാരണം അങ്ങനെ ഒരു പരീക്ഷണാവസ്ഥകളെ തരണം ചെയ്യാതെ ജീവിതത്തിൽ ആർക്കും കടന്നു പറ്റില്ലെന്ന് അള്ളാഹു നമ്മളോട് പറഞ്ഞിരിക്കുന്നു പിന്നെ നമ്മൾ അതിൽ സംശയിക്കുന്നതിൽ അർത്ഥമില്ല അതിന്റെ യാഥാർത്ഥ്യത്തെ തള്ളിക്കളയുന്നതിൽ അർത്ഥമില്ല എല്ലാവരും മരിക്കും മരണമെന്ന ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞൊരനുഭവം എന്തായാലും വരാണ്ടല്ലോ അതില്ലെന്നാരെങ്കിലും പറയൂ ഞാൻ ഇന്നു മരിക്കില്ല നാളെ മരിക്കില്ല അടുത്ത കൊല്ലം മരിക്കില്ല എന്നൊക്കെ പറഞ്ഞാലും മരിക്കില്ലെന്നാർക്കെങ്കിലും പറയാൻ പറ്റൂ മരണമെന്നതിനേക്കാളും ഭൗതിക ജീവിതത്തിന് അവസാനിപ്പിക്കുന്ന മറ്റൊരു ദുരന്തം എന്താണ് സഹോദരങ്ങളെ വരാനുള്ളത് നിങ്ങൾ മരിക്കും മരിക്കുന്നതുവരെയും നന്മകളെ കൊണ്ടും തിന്മകളെ കൊണ്ടും നിങ്ങളെ ഞാൻ പരീക്ഷിച്ചു കൊണ്ടിരിക്കും ഓ ഇലൈനാ തുർജോൻ നമ്മളിലേക്ക് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരപ്പെടുകയും അപ്പോൾ ജീവിതം എന്നതിനെ എത്ര ഹ്രസ്വമായി സഹോദരങ്ങളെ വിശുദ്ധ ഗുരു നമുക്ക് പറഞ്ഞു മരണമെന്ന ജീവിതത്തിന്റെ സമാപനം അതിനുശേഷമുള്ള തിരിച്ചുപോക്ക് പരലോകം ഇത് രണ്ടും പരാമർശിച്ചിട്ട് അള്ളാഹു പറയാണ് മരണം വരെ അനുവദിച്ചു കിട്ടുന്ന എന്തിനുള്ളതാണ് വൻ എവരോക്കും വിറി വൽ ഹൈരിഫിത്തിന നന്മകളെ കൊണ്ടും തിന്മകളെ കൊണ്ടും പരീക്ഷണമനുഭവിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ മരണം വരെയുള്ള ജീവിതം അപ്പോൾ സഹോദരങ്ങൾ അനുകൂലവും പ്രതികൂലവുമായ പരീക്ഷണങ്ങളുടെ മാറി വരുന്ന അവസ്ഥകൾക്ക് സാക്ഷ്യം വഹിക്കാൻ അതിനെ പ്രതിരോധിക്കാൻ അതിനെ വിജയം കൈവരിക്കാൻ നാം മനസ്സുകൊണ്ട് ഒരുങ്ങിയേ പറ്റൂ നമ്മുടെ കഴിഞ്ഞ ജീവിതാനുഭവങ്ങൾ നമുക്കതാണ് പറഞ്ഞു തരുന്നത് ഇവര് അബ്ബാസ് റദിഅള്ളാഹുഅൻഗു ഈ ഹദീസിന്റെ ഈ ആയത്തിന്റെ വ്യാഖ്യാനമായി പറഞ്ഞൊരു കാര്യം ഇവർക്ക് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അള്ളാഹു പറയുന്നത് ഹൈറുകൊണ്ടും പരീക്ഷിക്കും സഹോദരങ്ങളെ സമ്പത്തിന്റെ നമുക്ക് പോലും കണക്കറിയാത്ത പണം തരുന്നത് പരീക്ഷണമാണെന്ന് തിരിച്ചറിയാനാണ് കൂടുതൽ പറയണത് ഇതുവരെ ഒരു ഗുളിക പോലും കഴിക്കേണ്ടി വന്നിട്ടില്ല എനിക്ക് പരീക്ഷണമാണെന്ന് പറയൂ സഹോദരങ്ങളെ ജനിച്ചത് മുതൽ മരുന്ന് ആയി മല്ലടിക്കുന്നവര് മാത്രമല്ല പരീക്ഷണം ഒരു ഗുളികയും വായിൽ വെക്കേണ്ടി വരാത്തതിയാണോ നമുക്കുള്ളത് നാം പരീക്ഷണത്തിലാണെന്നാണ് കുറാമണ് നമുക്ക് തിരിച്ചറിയാതിരിക്കാൻ പറ്റൂല അതുകൊണ്ട് നെപുത്തരിയേക്കും നിങ്ങളെ ഞാൻ പരീക്ഷിക്കും ഹൈറ് നന്മ കൊണ്ടും തിന്മ കൊണ്ടും നിങ്ങളെ പരീക്ഷിക്കും മക്കൾ തന്നും മക്കളെ തരാതെയും പരീക്ഷിക്കും രോഗം തന്നും രോഗം തരാതെയും പരീക്ഷിക്കും അനുകൂലവും പ്രതികൂലമായ അവസ്ഥകളുണ്ടാകും അതിലെന്തൊക്കെയുണ്ട് സുഭിക്ഷതയുണ്ട് കാഠിന്യമുണ്ട് സുഭിക്ഷമായ ദിനരാത്രങ്ങൾ അത് ചെറുപ്പത്തിലാവാം യുവത്വത്തിലാവാം വാർദ്ധക്യത്തിലാകാം ഭക്ഷണത്തെ കുറിച്ച് ചിന്തിക്കേണ്ടി വരാത്തൊരു കാലഘട്ടം ഭക്ഷണം കിട്ടിയെന്നും മോഹിക്കുന്നൊരു കാലഘട്ടം രണ്ടും ജീവിതത്തിൽ വന്നേക്കാമെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ രോഗം കൊണ്ടും ആരോഗ്യം കൊണ്ടും പരീക്ഷിക്കും അതേപോലെ തന്നെ ദാരിദ്ര്യം കൊണ്ടും കൊണ്ടും സമ്പന്നത കൊണ്ടും പരീക്ഷിക്കും ഹറാമിന്റെയും മുന്നിൽ നിർത്തി പരീക്ഷിക്കും അനുസരണത്തിന്റെയും മുന്നിൽ അനുസരിക്കുമോ എന്ന് നോക്കും അനുസരണക്കേട് കാണിക്കുമോ എന്ന് നോക്കും സന്മാർഗത്തിന്റെയും ദുർമാർഗത്തിന്റെയും വഴികൾ മുന്നിൽ വന്നു നിൽക്കും നീ ഏത് വഴിയെ പോകുമെന്ന് ീക്ഷിക്കും അങ്ങനെ മരണം വരെ പരീക്ഷണത്തിന്റെ വ്യത്യസ്താനുഭവങ്ങളിലൂടെ പൂർത്തിയാക്കാനാണ് സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും ഈ ജീവിതമല്ലാഹു തന്നിട്ടുള്ളത് സത്യവിശ്വാസികളെ മാത്രം അഭിസംബോധന ചെയ്ത് പറയുന്നത് നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ഭയങ്കര നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നു ആരോഗ്യവും ഒക്കെ കുറച്ചിട്ടല്ലാവു പരീക്ഷിക്കും എന്ത് പരീക്ഷണങ്ങൾ വന്നാലും മനസ്സുമാറാതെ ക്ഷമയോടുകൂടെ നിലകൊള്ളുന്നവർക്ക് സന്തോഷവാർത്ത അറിയിച്ചു കൊള്ളുക നാം ഇപ്പൊ പരീക്ഷിക്കുമെന്ന് ഉറപ്പ് സഹോദരങ്ങളെ എത്ര കൃത്യമായിട്ടാണ് കുറവാണ് പറയുന്നത് അ മഹസിബ്തും നമ്മൾ അങ്ങനെ വിചാരിക്കുള്ളൂ എന്നല്ലേ ഞമ്മളങ്ങനെ ഒന്നും വരൂലെന്നാ വിചാരിക്കാൻ അതേ മനുഷ്യന് വിചാരിക്കാൻ പറ്റുള്ളൂ ആ മഹസിബ്തും സ്വർഗത്തിൽ അങ്ങോട്ട് കടന്നു കയറുന്നു മരിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിലോ നരകത്തിലോ എന്ന് തീരുമാനിക്കാൻ ഒരു പരീക്ഷണത്തെ മുന്നിൽ കൊണ്ടുവരാതെ നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നു വിചാരിക്കണ്ടോ മരിക്കണിന്റെ മുന്നേ സ്വർഗത്തിലാണോ നരകത്തിലാണോ തീരുമാനിക്കാൻ ഒരു പരീക്ഷണു മുന്നിലിട്ട് വരുന്ന മുമ്പുള്ളവർക്കൊക്കെ വന്നതുപോലുള്ള ചിലതൊക്കെ നിങ്ങൾക്ക് വരാതെ അങ്ങനെ ഇങ്ങോട്ട് മുമ്പുള്ള ചരിത്രങ്ങളും വായിച്ച് നിർവൃതി കൊണ്ട് അതൊന്നും സ്വന്തം ജീവിതത്തിൽ വരാതെ ഈ ജീവിതം സമാപിക്കുമെന്ന് വിചാരിച്ചു എന്നാണ് മുമ്പുള്ളവർക്ക് പിടിച്ചുറപ്പിക്കപ്പെട്ടില്ലേ സഹോദരങ്ങളെ സന്തോഷങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളിലൂടെയും അവർ കടന്നുപോയില്ലേ അതൊക്കെ നിങ്ങൾക്കും വരും അതൊന്നും വരാതെ നിങ്ങളാരും സ്വർഗത്തിൽ കടന്നു കയറാമെന്ന് വിചാരിക്കേണ്ടതില്ല സഹോദരങ്ങൾ ഒരു തെറ്റിദ്ധാരൻ ആർക്കു വന്നു നല്ല നല്ലവനായി ജീവിച്ചാൽ പരീക്ഷിക്കപ്പെടൂല നല്ലവനായി ജീവിച്ചാൽ നിസ്കാരം തെറ്റാ ജീവിച്ചാൽ അതേപോലെ തന്നെ സക്കാത്ത് കൃത്യമായി കൊടുത്താൽ തൗഹീദ് കണിശമായി പാലിച്ചാൽ പരീക്ഷിക്കപ്പെടൂലെന്ന് അങ്ങനെയും പറഞ്ഞുകൂട സഹോദരങ്ങളെ കാരണം ചോദിച്ചു അള്ളാഹു അള്ളാഹു റസൂലെ ആർക്ക ജീവിതത്തിൽ ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ വരിക കാല നബി പറഞ്ഞ ഒന്നാമത്തെ ആളെ പേരെന്തര സഹോദരങ്ങളെ അൽ അമ്പിയാൽ പ്രവാചകന്മാർക്കാണ് ഏറ്റവും വലിയ പരീക്ഷണ അവരെക്കാളും നല്ലവരാരാ ലോകത്ത് ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ വരിക പ്രവാചകന്മാർക്ക് എന്ത് റസൂല പറഞ്ഞു തുമ്മൽ പിന്നെ പ്രവാചകന്മാരെ കഴിഞ്ഞാൽ ആരാണോ കടുത്ത വിശ്വാസത്തിന്റെ ഉടമസ്ഥർ ആരാണോ ജീവിതത്തിൽ കൂടുതൽ സത്യതയും സദാചാരവും പാലിച്ചത് അവർക്കാണ് പിന്നീട് വരിക പിന്നെ യുബുത്തലാ അറുൽ ഒരു മനുഷ്യൻ പരീക്ഷിക്കപ്പെടും അലഹസ്ബിദ് ദീനിനനുസരിച്ച് പരീക്ഷിക്കുന്നുണ്ട് സഹോദരങ്ങളെ എത്രമാത്രം അള്ളാഹുവിന്റെ ദീനിനോട് ആഭിമുഖ്യം പുലർത്താൻ ശ്രമിക്കുന്നുവോ അതിനനുസരിച്ച് അവന്റെ ജീവിത പരീക്ഷണങ്ങൾ വരുന്നുണ്ട് അങ്ങനെ കഠിനമായ പരീക്ഷണങ്ങൾ കൊണ്ട് എന്തിനാണ് ആ പരീക്ഷണങ്ങൾ സഹോദരങ്ങളെ ഒരു പരീക്ഷണം വെറുതെ ആവില്ല അത് വിശ്വാസിക്ക് മാത്രമുള്ളൊരു ഗുണ കേട്ടോ എനിക്കും നിങ്ങൾക്കും വരുന്ന അതേ രോഗം അതിനേക്കാളും ശക്തമായ വേദനയോടെ സഹോദരങ്ങളെ ഒരു നിരീശ്വരവാദിക്ക് വരാം അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തവന് വരാം പക്ഷെ ഒരു ഗുണമല്ലയാർക്ക് പത്തു കൊല്ലം വേദന അനുഭവിച്ചു കടന്നാൽ നഷ്ടം മാത്രം എന്നാ ഒരു വിശ്വാസിക്കോ ഒരു വിശ്വാസിക്കൊരു പക്ഷേ അനുഗ്രഹീതമായ ജീവിത സാഹചര്യങ്ങളെക്കാളും പരീക്ഷണങ്ങൾ ഒരുപക്ഷെ അവരുപയോഗപ്പെട്ടേക്കാണ് ഈ ഹദീസിന്റെ ബാക്കിയന്തരങ്ങള് അങ്ങനെ അങ്ങനെ ഒരു സത്യവിശ്വാസിക്ക് ഒരു പ്രവാചകന് പ്രതിസന്ധികളും പ്രയാസങ്ങളും വന്നുകൊണ്ടേ ഇരിക്കും ഒരു തെറ്റുമില്ലാത്ത ഒരുത്തനായി അവൻ ഭൂമിയിൽ മാറുന്നു പരീക്ഷണങ്ങളെക്കൊണ്ട് കടഞ്ഞെടുത്ത് കടഞ്ഞെടുത്ത് പടച്ചോൻ ഒരു തെറ്റും ബാക്കിയാക്കാതെ മരിച്ചു പോകുന്നതിന് മുമ്പ് തന്നെ അവനെ പാപവിമുക്തനാക്കുന്നതാണ് പരീക്ഷണങ്ങളിലൂടെ അള്ളാഹു പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ട് മനുഷ്യന് നൽകുന്ന അവസ്ഥയാണ് അപ്പെന്താണ് സഹോദരങ്ങളെ ക്ഷമിക്കുക ഭയങ്കരമായ പദവികൾ കിട്ടുന്നതാണ് ക്ഷമക്ക് ഭയങ്കരമായ പദവികൾ ഇഹലോകത്ത് തന്നെ കണക്കില്ലാത്ത പദവികളിലേക്കെത്താൻ ഉന്നതങ്ങളിലേക്കെത്താൻ പാപമോചനം നേടാൻ എല്ലാത്തിനും ക്ഷമ കൊണ്ടും പരീക്ഷണങ്ങളെ അതിജീവിക്കുന്നതുകൊണ്ട് സാധിക്കുന്നതാണ് ഇമാം ഷാഫി റഹ്മൊരു ഉദ്ധരണി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ഇബ്തീക്ഷിച്ച സഹോദരങ്ങളെ എന്താ അതൊക്കെ പരീക്ഷണം ഏറ്റവും വലിയ പരീക്ഷണം എപ്പഴാ നമ്മൾ വിശ്വസിക്കുന്ന ആദർശത്തിന് വീട്ടിൽ നിന്നുള്ള വലിയ പരീക്ഷണം എന്താ സഹോദരങ്ങളെ നാട്ടേര് പോട്ടെ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടില്ലേ ഒരു കുട്ടിയെ ദീനിയായി ജീവിക്കണമെന്നാഗ്രഹിക്കുന്ന ഈ നാട്ടിൽ നടക്കുന്ന പ്രവാചകന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇസ്ലാമിന് വിരുദ്ധമാണ് നൂറ് ശതമാനം വിശ്വസിച്ച് അത് പാലിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു കുട്ടിനെ പിന്നെ രവിദിനറാലിക്കാര് പിടിച്ചു നിർത്തിയിട്ട് പായസം കൊടുപ്പിച്ചു എന്നാണ് ചായ കുടിപ്പിച്ചു എന്നാണ് സഹോദരൻ നമ്മളെ നാടിന്റെ ഒരു ചിത്രം അതാണ് പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഏറ്റവും വലിയ പരീക്ഷണം വീട്ടുന്ന സ്വന്തം വീട്ടും നമ്മളൊരു നല്ല നിലക്ക് നാം മനസ്സിലാക്കിയ ഒരു ദീനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ഭാര്യ സമ്മതിക്കുന്നില്ല മക്കൾ സമ്മതിക്കുന്നില്ല നൂഹി നബി അലൈഹി ഇസ്ലാമിന്റെ ലൂത്ത് നബി അലൈഹിസ്ലാമിന്റെ ചരിത്രം അതാണ് എന്തൊരു മാത്രം പ്രയാസങ്ങളാണ് അവരനുഭവിച്ചത് സ്വന്തം ഭാര്യമാരിൽ നിന്നും മക്കളിൽ നിന്നാണ് ആ പരീക്ഷണം കണക്കില്ലാത്ത പരീക്ഷണങ്ങൾ അതേപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വന്തം വാപ്പയിൽ നിന്നാണ് ദീൻ സ്വീകരിച്ചിട്ട് കടുത്ത കടുത്ത പരീക്ഷണങ്ങൾ അഗ്നിജ്വാലകൾക്ക് മുമ്പിൽ തീ കുണ്ടത്തിന് മുമ്പിൽ പച്ച ശരീരത്തോടുകൂടെ ഇറങ്ങിയിരിക്കേണ്ടി വരുന്ന പരീക്ഷണം അതാണ് ഇമാം ഷാഫി പറഞ്ഞത് ഈ ബുദ്ധ നുഹൻ അള്ളാഹുനുഹിനെ പരീക്ഷിച്ചു ഇബ്രാഹിം മുഹമ്മദ് പക്ഷേ അവരൊന്നും അപ്പോൾ മക്കനഹുമല്ല അള്ളാഹു അവർക്ക് ആ പകരമായി നല്ല ജീവിത സൗകര്യങ്ങൾ കൊടുത്തു മദീനത്തത്യുന്നതമായ ജീവിത സാഹചര്യം ഒരുക്കി കൊടുത്തു സഹോദരങ്ങളെ മക്ക ലോകത്തെന്നും ശ്രേഷ്ഠമായ ഒരു ഓർമയായി നിൽക്കും പ്രകാരം പിതാവായ ഇബ്രാഹിം നബി അലൈസ്ലാം ലോകത്ത് ഉയർത്തപ്പെട്ടു ക്ഷമയുടെ ഫലമായിരുന്നു അത് അതുകൊണ്ടേ ഇബ്രാഹിം നബിനി നൂഹി നബിനൊക്കെ അള്ള പരീക്ഷിച്ചിരിക്കണമെങ്കിൽ ഒരാളും വിചാരിക്കും ഒരു വേദന ജീവിതത്തിൽ വരാതെ ജീവിതം കടന്നു ആരും വിചാരിക്കേണ്ട അതുകൊണ്ട് സഹോദരങ്ങളെ നല്ല ഫലങ്ങൾ ഉണ്ടാകും സഹിച്ചതൊന്നും വെറുതാവില്ല ഒന്നല്ലെങ്കിൽ തെറ്റുകൾ പൊറുക്കും സ്വർഗ്ഗം നമുക്ക് തെരും പടച്ചോൻ എല്ലാ പ്രയാസങ്ങളും നമ്മളെ മോചിപ്പിക്കും അള്ളാഹുവിന്റെ വേണ്ടി സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവർക്ക് ഇന്ന് എന്തടിച്ചമർത്തുകൾ അനുഭവിക്കപ്പെടേണ്ടി വന്നാലും ഭാവിയിൽ അധികാരങ്ങളും ആധിപത്യങ്ങളും നൽകും എന്നാണ് അള്ളാഹു നമ്മളോട് പറയുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ പരീക്ഷണങ്ങളെ അതിജീവിക്കണം ഏതൊക്കെ രംഗത്താ പരീക്ഷണം നമുക്ക് രോഗമായി വരാം രോഗമൊക്കെ വരിക എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ രോഗം സഹിക്കുന്നത് മാത്രല്ല സഹോദരങ്ങളെ ഒരു രോഗി അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ പ്രധാനപ്പെട്ട പ്രയാസം ഇത്ര വീട്ടിലിങ്ങനെ അതെ ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടാണോ എന്ന് തോന്നുക കുറച്ചാലും നമ്മളിങ്ങനെ അസുഖമായി കിടക്കുമ്പോഴേ മക്കൾക്കൊരു ബുദ്ധിമുട്ടാണോന്ന് തോന്നുക അങ്ങനെ കണ്ടായാൽ വീട്ടിൽ പോലും സ്വസ്ഥതയോടെ സമാധാനത്തോടെ കിടക്കാൻ പറ്റാത്ത അവസ്ഥ വരും നമ്മുടെ സമ്പത്തിൽ പരീക്ഷിക്കപ്പെടും സഹോദരങ്ങളെ പ്രതീക്ഷിച്ചോളി ജീവിതത്തിൽ നല്ല കാറും സൗകര്യങ്ങളും ഹോട്ടലിൽ ഫോൺ ചെയ്താൽ വീട്ടിൽ ഭക്ഷണം വരുന്ന ജീവിത സാഹചര്യം എന്തെങ്കിലും ഒരിക്കൽ ജീവിതത്തിൽ നിന്ന് എടുത്തെറിയപ്പെട്ടേക്കാമെന്ന് പ്രതീക്ഷിക്കുന്നത് നല്ലതാണ് അങ്ങനെ സംഭവിച്ചാൽ നമുക്കതിനെ ഉൾക്കൊള്ളാൻ ആ സമയത്ത് പറ്റുന്നതാണ് ഏത് രംഗത്തും പരീക്ഷിക്കപ്പെടും എന്നാൽ സഹോദരങ്ങളെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദീനിയ രംഗത്തുള്ള പരീക്ഷനാണ് മനസ്സിലെ ഇന്ന് നമസ്കരിക്കുന്നവരും ദീനുള്ളവരുമായി നാളെ ഒരു ജീവിത സാഹചര്യം വരുമ്പോൾ തിരിച്ചു നടക്കേണ്ടി വരിക പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും വരുമ്പോൾ നാം ഉൾക്കൊണ്ട സത്യത്തെ മൂടി വെച്ച് ജീവിക്കേണ്ടി വരും ഇതേറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് അൽ ഇഫ്ലാമീം ആമന്ന ഓ ഞാനൊരു വിശ്വാസിയാണ് എന്ന് പറഞ്ഞ് പരിക്കൊന്നും പറ്റാതെ ഏതെങ്കിലും ഒരു പള്ളിയിൽ സൌകര്യമുള്ളൊരു സ്ഥലത്ത് ജുമാക്കുകൂടി തന്റെ കുട്ടികൾക്ക് വലിയ പ്രയാസമില്ലാതെ ഒരു അധ്യാപകൻ വീട്ടിൽ വന്ന് ട്യൂഷൻ കൊടുത്ത് സഹോദരങ്ങളെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ദീനിന്റെ പ്രാഥമിക കാര്യങ്ങൾ ചെയ്ത് അങ്ങനെയാണ് കടന്നു പോകാം എന്ന് വിചാരിക്കേണ്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീൻ ഇവിടെ പ്രചരിപ്പിക്കുകയും പ്രബോധനം ചെയ്യുകയും നിലനിൽക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ ഭാഗാവാക്കാകുന്നവർക്ക് ചെറിയ ബുദ്ധിമുട്ട് വരാതിരിക്കൂലൂ അവർ പരീക്ഷിക്കപ്പെടാതെ ഞാൻ വിശ്വാസി എന്ന് പറഞ്ഞൊരു വാക്കുകൊണ്ട് മാത്രം ജീവിതം കടന്നുപോകുമെന്ന് അവർ വിചാരിക്കുന്നുണ്ടോന്നാണ് അള്ളാഹു റസൂര് പറഞ്ഞ എന്താണ് എല്ലാ സമുദായങ്ങളും ഈ ഇസ്ലാമിന്റെ സത്യ സന്ദേശത്തെ പ്രചരിപ്പിക്കുന്നവരെ കൊത്തി വലിച്ചുകൊണ്ടിരിക്കുന്നാണ് യൂഷക്കുൽ ഉമം ഒരു പാത്രത്തിൽ നിന്നും ഭക്ഷണ കൊത്തിവലിക്കുന്ന പോലെ സഹോദരങ്ങളെ സത്യത്തിന്റെ ആളുകളെ ശത്രുക്കൾ കൊത്തിവരിയ്ക്കും എന്തി അവർക്ക് സംഭവിച്ചു അവർ കുറച്ചാളുകളായതുകൊണ്ടാണോ പ്രവാചകരെ അല്ലുന്യാ ഇകലോക ജീവിതത്തിന് വേണ്ടി മതത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരും ദീൻ ഉൾക്കൊള്ളുന്നവർക്കും ഭൌതിക പ്രേമം വർദ്ധിക്കുമ്പോൾ അവർ അവർ സമൂഹത്തിൽ കൊളരുത്താത്തവരായി മാറും അവരെ മറ്റുള്ളവർക്ക് കയറി നിരങ്ങാൻ അവസരമുണ്ടാകുമെന്ന് അറാഹിയത്തിൽ മൗത്ത് മരണത്തെ അവർ വെറുക്കുന്നു പരലോകത്ത് എന്തെങ്കിലും കിട്ടുമെന്ന് അവർക്ക് പ്രതീക്ഷയില്ല ഇഹലോകമാണ് അവരുടെ മനസ്സിലെന്നും സഹോദരങ്ങളെ ദീനിന്റെ രംഗത്തെ പരീക്ഷണങ്ങളെ നമ്മൾ എല്ലാവരും ഭയപ്പെടണം പക്ഷെ എന്ത് പ്രശ്നം വന്നാലും ഒരു സത്യം മനസ്സിലാക്കി ആചരിച്ചു പോരുന്ന ഒന്നെന്ന് സഹോദരങ്ങളെ പിന്തിരിയാൻ പറ്റൂല ചെറിയ പ്രശ്നമാണെന്ന് വന്ന ബിസിനസ്ന്ന് നമ്മൾ പിൻവാങ്ങും കുറച്ച് കടം ഒരു പത്ത് കൊല്ലം കടത്തിൽ ഓടിയാലും പതിനൊന്നാമത്തെ കൊല്ലം ഈ വന്ന കടം മുഴുവൻ വീട്ടാമെന്ന ആത്മവിശ്വാസത്തിൽ ആ സഹോദരങ്ങളെ ബിസിനസ് ചെയ്തി എന്നാൽ ദീനിന്റെ രംഗത്ത് ചെറിയ പരീക്ഷണം വരുമ്പോഴേക്കിനെ നമ്മളെന്തിനാ വെറുതെ പ്രശ്നത്തിന് പോണൂന്നാണ് ആൾക്കാർ പറയാം ഒരു കുഴി കുത്തിയിട്ട് ഒരു ജീവള്ള മനുഷ്യനായാലും ഇങ്ങനെ നിർത്തുക എന്നിട്ടൊരു അരവരെ മൂടുക പിന്നെ അനങ്കൂലല്ലോ എന്നിട്ട് എന്ത് അവന്റെ തുറന്നു കിടക്കുന്ന കണ്ണുകൾക്ക് മുമ്പിൽ എന്ത് ചെയ്യാറോ ഒരു വാള് അല്ലെങ്കിൽ മൂർച്ചയുള്ള ഒരു ചീർപ്പ് അതെടുത്തിട്ട് എന്ത് അവന്റെ ശരീരം തലയിൽ നിന്ന് താഴത്തേക്ക് വളരെ കൃത്യം രണ്ടു ഭാഗമായി പിളർത്തുക അല്ലെങ്കിൽ എല്ലുകളിൽ നിന്ന് മുഴുവൻ മാംസവും ആ ചികിർപ്പ് കൊണ്ട് വാർന്നെടുക്ക ഇതൊക്കെ മുമ്പ് കാലത്ത് ദീൻ ഉൾക്കൊണ്ടവരെ ചെയ്തതായിരുന്നു എന്ന് റസൂൽ നമുക്ക് പറഞ്ഞു തരണം കഥയല്ല സഹോദരങ്ങളെ ഉദാഹരണമല്ല സഹോദരങ്ങളെ യാഥാർത്ഥ്യങ്ങളാണ് എന്നിട്ട് എന്താണ് അള്ളാൻ റസൂൽ പറഞ്ഞങ്ങള് പക്ഷേ വമായ സുദു ഹൂദിക്കു മൂർധാവിൽ നിന്നും വാളെ താഴത്തേക്കിറങ്ങുമ്പോൾ അവന്റെ ദീനിലൊരു മാറ്റവും സംഭവിച്ചില്ല അവന്റെ ദേഹത്തിൽ നിന്നും എല്ലുകളിൽ നിന്നും അവന്റെ ദീനിനൊരു മാറ്റവും സംഭവിച്ചില്ല അവന്റെ ദീനിനൊരു മാറ്റവും സംഭവിച്ചില്ല സഹോദരങ്ങളെ ദീനിന്റെ രംഗത്ത് എന്തുപരീക്ഷണം വന്നാൽ ഇറങ്ങിപ്പോയിക്കൊന്നി ഇവിടെ നിന്ന് വാപ്പ പറഞ്ഞാലും ആ വാക്ക് മധുരകരമായ ഒരു വിശ്വാസത്തിന്റെ അനുഭവമായി ഏറ്റെടുത്ത സഹോദരങ്ങളെ മെല്ലെ കുട്ടികളെയും ഭാര്യയും പുറത്തു കിറക്കിയിട്ട് ഒരു സലാമും പറഞ്ഞ് ദേഷ്യപ്പെടാതെ വാപ്പയ്ക്ക് മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റുന്ന ക്ഷമയുടെ മനസ്സ് ദീനിന്റെ പരീക്ഷണ രംഗങ്ങളിൽ നമുക്കുണ്ടാവുന്ന സഹോദരങ്ങളെ നാം ഉൾക്കൊള്ളുന്ന ഈ സത്യ ദീൻ ജനങ്ങൾക്കെത്തുവാനും നമ്മുടെ പുതിയ തലമുറക്ക് ലഭിക്കുവാനും അതിനെ തകർക്കുവാനും നശിപ്പിക്കുവാനും ആര് ക്ഷമിക്കുമ്പോഴും അതെല്ലാം ജീവിത പരീക്ഷണങ്ങളായി നമുക്ക് അനുഭവപ്പെടും നിരാശപ്പെടാതെ മുന്നോട്ട് പോകാൻ പറ്റണം ആദ്യൊരു മകൻ പോയി രണ്ടാമത് വേറൊരു മകനെയും കൂടിയും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോഴും യാക്കൂബ് നബി അലൈഹി സ്ലാം നിരാശനായില്ലെന്നാണ് പറയുന്നത് മക്കളെ അള്ളാഹുവിന്റെ ആ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശപ്പെടരുത് സത്യനിഷേധികൾക്ക് മാത്രമേ ജീവിതത്തിൽ നിരാശയുണ്ടാകൂ സത്യവിശ്വാസിക്ക് എപ്പോഴും അള്ളാഹു ഒരാശയായി അവശേഷിക്കുമ്പോൾ നിരാശയെന്ന പദത്തിന് വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രസക്തിയേ ഇല്ല എന്നാണ് അതുകൊണ്ട് ഏതൊരു ഘട്ടം പരീക്ഷണങ്ങളുടേതാണെങ്കിലും സഹോദരങ്ങളെ അടുത്ത ഘട്ടം വിജയത്തിന്റേതാണെന്ന് തിരിച്ചറിയാം പ്രവാചകന്മാർ നിരാശപ്പെടുന്ന അവസ്ഥയിലെത്തി ും കതു കുതിബു അവർ കളവാക്കപ്പെട്ടു അങ്ങനത്തെ ഒരു സമയത്ത് നമ്മളുടെ സഹായം അവർക്കെത്തി അങ്ങനെ നാം ഉദ്ദേശിക്കുന്നവരെ നാം രക്ഷപ്പെടുത്തുകയും ചെയ്തു ഏത് പ്രതിസന്ധിയും പരീക്ഷണങ്ങൾക്കും അപ്പുറം വിജയം കാത്തിരിക്കുന്നുണ്ട് പക്ഷെ വിജയത്തിലേക്കെത്തുന്ന നിമിഷങ്ങൾക്ക് മുമ്പ് ഒരുപക്ഷെ പരീക്ഷണത്തിൽ പലരും പരാജയപ്പെടും നീണ്ടകാലം പിടിച്ചുനിന്ന് വിജയവും അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ വിജയിക്കേണ്ടതിന്റെ സെക്കൻഡുകൾക്ക് മുമ്പ് നിരാശപ്പെടുന്നവരും ആത്മഹത്യ ചെയ്യുന്നവരും പിൻവാങ്ങുന്നവരും തങ്ങളുടെ മതത്തെ കൈവഴിക്കുന്നവരും തങ്ങളുടെ ആദർശത്തെ തള്ളിപ്പറയുന്നവരും ഉണ്ട് സഹോദരങ്ങളെ ജീവിതത്തിൽ അവിടെയെല്ലാം പിടിച്ചു നിൽക്കുവാനും ആത്മാഭിമാനത്തോടെ ധൈര്യത്തോടുകൂടെ ദീനിന്റെ രംഗത്ത് മുന്നോട്ടു പോകുവാനും ജീവിതത്തിന്റെ വ്യക്തിപരവും സാമൂഹികവും മതപൂരവുമായ എല്ലാ പരീക്ഷണങ്ങളെയും അള്ളാഹുവിടെ പ്രതീക്ഷ കൊണ്ടും അള്ളാഹുവിളുടെ കാരുണ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും സത്യസന്ധമായ ജീവിതം കൊണ്ടും വിശ്വാസം കൊണ്ടും നേരിട്ട് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി അവനെ കണ്ടുമുട്ടുവാനും അനുഗ്രഹവും അതേപോലെ തന്നെ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും മാറി മാറി വരുമ്പോൾ അതിലെല്ലാം വിജയിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ അള്ളാഹുലാ മുഹമ്മദ് മാലാലി മുഹമ്മദ് കമാ സുല്ല ഇബ്രാഹിമലിബ്രാഹിം മുഹമ്മദ് മാലാലി മുഹമ്മദ് കമാ ബാറത്താലിമലി ഇബ്രാഹിം മച്ചി സഹോദരങ്ങളെ ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂചി ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്തം ലോകത്ത് ഏൽപ്പിക്കപ്പെട്ടത് പ്രവാചകന്മാരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയും കാരണം നഷ്ടങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ നഷ്ടം പരലോകത്ത് പരാജയപ്പെടുക എന്നുള്ളതാണ് അതുകൊണ്ട് പരലോകത്ത് വരാനിരിക്കുന്ന നരകത്തെക്കുറിച്ചും പരലോകത്ത് വരാനിരിക്കുന്ന സ്വർഗ്ഗത്തെക്കുറിച്ചും സന്തോഷവാർത്ത അറിയിക്കുവാനും താക്കീത് ചെയ്യുവാനാണ് പ്രവാചകന്മാർ വന്നത് അതുകൊണ്ടാണ് അവരെ ബഷീർ നദീർ മുബിനവ മുന്തിരീന എന്ന് പറയാൻ കാരണം സഹോദരങ്ങളെ ഒരു മുബ്ശിറും മുന്തിറുമായി ഇന്ന് ലോകത്താരും ഇല്ല ഇന്ന് ലോകത്താരും ഇല്ല നബീസ്വല്ലമയോട് കൂടെ അത് അവസാനിച്ചു പക്ഷേ പ്രവാചകന്റെ ദൌത്യം പ്രവാചകൻ ലോകാവസാനം വരെയുള്ളവർക്ക് മുബശ്ശിറും മുന്തിറുമായി താക്കീതുകാരനും സന്തോഷവാർത്ത അറിയിക്കുന്നവനുമായി ഈ ലോകത്ത് നിലനിൽക്കും ആ ആശയം അതാരിലൂടെ നിലനിൽക്കും സഹോദരങ്ങളെ നമ്മളിലൂടെ നിലനിൽക്കും ലോകാന്ത്യം വരെ ഈ സത്യ ആദർശം നരകത്തെക്കുറിച്ച് താക്കീത് നൽകിയും സ്വർഗ്ഗത്തിന്റെ സന്തോഷവാർത്ത അറിയിച്ചും അള്ളാഹു ക്ഷണിച്ചും ഇവിടെ നിലകൊള്ളും അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ സമയത്തിൽ നിന്നും ആരോഗ്യത്തിൽ നമ്മൾ നൽകേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ കുറച്ചു ദിവസങ്ങളായി നമ്മുടെ മഹാത്ഭുതം ഖുർആാൻ ഇൻസൈറ്റ് എക്സിബിഷനിലാണ് സഹോദരങ്ങളെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരുപക്ഷെ അത് കണ്ടവരായിരിക്കും എങ്കിൽ കൂടെ ഞാൻ പറയുകയാണ് ഒരു മഹത്തായ ലക്ഷ്യം ആ എക്സിബിഷന് പിന്നിലുണ്ട് വിശുദ്ധ ഖുർആാൻ കാണാൻ ഒരു ഗ്രന്ഥമാണെങ്കിലും ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതമാണെന്ന് ലോകത്തോട് നമ്മൾ പറഞ്ഞാലേ മുഹമ്മദ് നബീസ്വലമിന്റെ സത്യതയും ഖുർആന്റെ ദൈവികതയും ലോകത്ത് സ്ഥാപിക്കപ്പെടും അതുകൊണ്ട് അള്ളാഹുവിന്റെ വാക്കുകളാണിത് ഒരക്ഷരവും വായിക്കാനറിയാത്ത ഒരു പുസ്തകവും ആദ്യാവസാനം വരെ വായിച്ചിട്ടില്ലാത്ത നബീസ്വലാഹു അലി വസ്ല്ലമയ്ക്ക് പതിനാല് നൂറ്റാണ്ടിലെ വിജ്ഞാന പടുക്കളെയും ശാസ്ത്രകാരന്മാരെയും എല്ലാവരെയും അതിജീവിക്കുന്ന കാര്യങ്ങൾ പറയാൻ പറ്റിയെങ്കിൽ അത് നിരക്ഷരനായ പ്രവാചകനിൽ നിന്നുള്ളതല്ല മറിച്ച് തൻസീലും റബ്ബുലാലിനി അള്ളാഹുവിനടുക്കിൽ നിന്നുള്ളതാണെന്ന് നമ്മൾ നമ്മളുടെ ഇൻസൈറ്റ് എക്സിബിഷൻ ഈ വിഷയത്തിലാണ് നടക്കുന്നത് ഓരോ അധ്യായങ്ങളായിട്ടാണ് നമ്മൾ വേർതിരിച്ചത് ഒന്നാമത്തെ അധ്യായം നമ്മുടെ മൊത്തം പിന്നെ എക്സിബിഷന്റെ വിഷയങ്ങൾക്കുള്ള ഒരു ഇൻട്രൊഡക്ഷനും അതേപോലെ തന്നെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുമാണ് സഹോദരങ്ങൾ അതിനുശേഷം ഇസ്ലാമൊരു ദർശനം എന്ന നിലയ്ക്ക് സൂഫിസത്തെക്കാൾ മുതലാളിത്തത്തെക്കാളെല്ലാം ഇസ്ലാം ഒരു ദർശനം എന്ന നിലക്ക് മാനവരാശിക്കു മുമ്പിൽ അത്ഭുതകരമായ ഒരു ദർശനമാണ് എന്ന് സമർപ്പിക്കുന്നതാണ് അതേപോലെ തന്നെ സഹോദരങ്ങൾ വിശുദ്ധ കുറാൻ വ്യാഖ്യാനങ്ങൾ അതിനും അള്ളാഹു നിശ്ചയിച്ച അത്ഭുതകരമായ ഒരു മാനദണ്ഡത്തെ അതേപോലെ തന്നെ വിശുദ്ധ കുറാൻ ഒരു കുടുംബം എന്ന നിലക്ക് ഒരു കുടുംബത്തിന് വേണ്ടി നൽകുന്ന കാഴ്ചപ്പാടുകൾ മറ്റേതു സിദ്ധാന്തങ്ങളും ഏതു മനഃശാസ്ത്ര ഗ്രന്ഥങ്ങൾക്കും നൽകാൻ പറ്റാത്തതാണ് എന്ന് തെളിയിക്കപ്പെടുന്നതാണത് അതേപോലെ തന്നെ പരലോക വിശ്വാസം പിന്നെ ശാസ്ത്രം എന്ന നിലക്ക് സമീപിക്കുമ്പോൾ അതിന്റെ അത്ഭുതം അതേപോലെ തന്നെ അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവങ്ങൾ നമുക്ക് വിളിച്ചോതി തരുന്ന ഒരുപക്ഷെ ജീവനുണ്ടെന്ന് നമുക്ക് തോന്നുന്ന രൂപത്തിൽ മനുഷ്യന്റെ ശരീരാവയവങ്ങളെയും പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെയും നമുക്ക് കാണിച്ചു നമ്മുടെ കുട്ടികളെ കൂടെ നടത്തി വായിപ്പിച്ച് കേൾപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ ഭാര്യമാരുടെ ഹൃദയങ്ങളിലേക്ക് അള്ളാഹുവിനെയും പരലോകത്തിന്റെയും ഒരു ബോധം നൽകാൻ പറ്റുന്ന നമ്മുടെ കൂടെ ജീവിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾക്കും മുസ്ലിം സഹോദരങ്ങൾക്കും വിശുദ്ധ കുർഹൻ എന്ന മഹാത്ഭുത ഗ്രന്ഥത്തെ ഒന്നു തൊടാൻ അവസരം ലഭിക്കുന്ന ഈ അവസരത്തിന് സഹോദരങ്ങളെ ഇനി മൂന്ന് ദിവസങ്ങളെ ബാക്കിയുള്ളൂ ആരെങ്കിലും കാണാൻ ബാക്കിയുണ്ടെങ്കിൽ കാണണം ആരെയെങ്കിലും കാണിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ കാണിക്കണം കണ്ടവർക്കാർക്കും സഹോദരങ്ങളെ അത് താൽപ്പര്യം ഹൃദയങ്ങളിൽ ഒരു പുതിയ വിചാരവും പുതിയൊരു ചൈതന്യവും അതുകൊണ്ടുണ്ടാകും കുട്ടികൾക്ക് വേണ്ടി മാത്രമായി നമ്മളൊരു ഇൻസൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അവർക്കത് വായിക്കാനും പഠിക്കാനും സ്വന്തമായി തന്നെ പരീക്ഷ എഴുതി മാർക്ക് കണ്ടെത്താനുമുള്ളൊരു സംവിധാനം അവിടെയുണ്ട് മാത്രമല്ല സഹോദരങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏത് ഇസ്ലാമിക വിഷയങ്ങളിലും വായിക്കാവുന്ന പുസ്തകങ്ങളും സീഡികളും നമുക്ക് അവിടെ ലഭിക്കും ഒരു മണിക്കൂർ സമയം അവിടെ ചെലവഴിക്കാൻ നമ്മളാരും മറന്നുപോകരുത് നമ്മുടെ അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വിളിക്കാൻ മറന്നു പോകരുത് നമ്മളെല്ലാവരുമാണ് അതിന്റെ സംഘാടകർ നമ്മളത് സംഭാവനയായി ഒന്നും നൽകിയിട്ടില്ലെങ്കിലും അതിന്റെ ഭാഗവാക്കായി ആ പന്തലോ സംഗതികളെ ഉയരുമ്പോൾ നാം അവിടെ ഒരു വളണ്ടിയറായി ഉണ്ടായിട്ടില്ലെങ്കിലും നമ്മുടേതാണ് ഈ വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് ഈ വിശുദ്ധ ഖുർആൻ പ്രബോധനം ചെയ്യേണ്ട ചുമതല നമുക്ക് എല്ലാവർക്കുമുണ്ട് അതിൽ നമ്മളെല്ലാവരും നമ്മുടെ പങ്ക് നിർവഹിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിന്റെ ഖുർആാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനേക്കാൾ ഉത്തമനായി ആരുമില്ല സഹോദരങ്ങളെ ഹൈറുക്കും നിങ്ങളിൽ ഉത്തമൻ എന്തു പ്രവൃത്തി നിങ്ങൾ ചെയ്താലും എന്തു സേവനങ്ങൾ നിങ്ങൾ ചെയ്താലും എന്തു ധർമ്മം ലോകത്തിന് ചെയ്താലും നിങ്ങളിൽ ഉത്തമൻ മൻ ഖുർആനവാലമു യും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നമുക്ക് പഠിക്കാം മറ്റുള്ളവർക്ക് പഠിപ്പിക്കാം ഏറ്റവും നല്ലൊരു അവസരം സഹോദരങ്ങൾ ഇതിന്റെ വിജയത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക ഇതിൽ നിങ്ങൾ ഭാഗവാക്കാവുക നമ്മൾ കാണുക മറ്റുള്ളവരെ കാണിക്കുക അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം ഈ പ്രവർത്തനങ്ങൾ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ തിന്മകളെ അവൻ നമുക്ക് പുറത്തുമാപ്പാക്കി തരുമാറാവട്ടെ കൂടുതൽ നന്മ ചെയ്യത്തക്ക വിധത്തിൽ െഹുൽ